ഇന്ന് ഈ സർവീസിൽ വന്നെത്തിയിരിക്കുന്ന ശ്രേഷ്ഠരായ കർത്തൃശുശ്രൂഷകരെ സഭാനേതാക്കളെ സമുദായ പ്രമാണികളെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദര സഹോദരികളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ എളിയ വന്ദന അത്യത്ഭുതകരമായ സ്വർഗീയ വചനങ്ങൾ കേട്ട് ഹൃദയം കുളിർത്തിരിക്കുന്ന ഒരു മനോഹരമായ സന്ദർഭം കർത്താവ് ഇന്നും നമുക്ക് തന്നിരിക്കുകയാണ് ഓരോരുത്തരുടെയും നാവിലൂടെ ഒഴുകിവന്നതായ ജീവൻ്റെ തിരുമൊഴികൾ നിങ്ങളും ഞാനും തേൻ കുടിക്കുന്ന മധുരത്തോടെ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പരിഹാരം തരുന്ന ക്രിസ്തുവിനെ കണ്ടെത്തി അനേകം പേരൂടെ ഇരിക്കുന്നുണ്ട് പരിശോധിക്കുന്ന ക്രിസ്തുവിൻ്റെ മുൻപിൽ ജീവിതം പരിശോധിച്ച് അനേകം പേരൂടെ ഇരിപ്പുണ്ട് ഏത് പരിഹാരമായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മുന്നിൽ ഒന്ന് നിത്യജീവന്റെ തിരുമൊഴികൾ കേട്ട് സ്വീകരിച്ച് അനുഗ്രഹം പ്രാപിച്ചവരനേകം പേരൂടെ ഇരിക്കുന്നുണ്ട് നാനാദേശങ്ങളിൽ നിന്ന് വന്ന് അനേകമനേകം ദൈവമക്കൾ ജീവിതം ക്രിസ്തുവിനായി സമർപ്പിച്ചവർ ക്രിസ്തുവിനായി ആയുസ് വേർതിരിച്ചവര് ക്രിസ്തു തരുന്നതായ സമാധാനവും ശാന്തിയും അനുഭവിക്കുന്നവര് ക്രിസ്തു ഹൃദയത്തിലേക്ക് വന്നത് മൂലം കുടുംബത്തിൽ ആശ്വാസവും സ്വൈര്യവും ലഭിച്ചവർ എത്രയെത്ര പേരാണ് ഇവിടെ ഇരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ഞാൻ ഓർത്തു ബഹുമാനപ്പെട്ട വിൽസനച്ഛൻ പറഞ്ഞ വാക്കുകളിൽ തുടിച്ചു നിന്ന മധുര സ്നേഹം ഉള്ളഴിഞ്ഞ ഹൃദ്യമായ നന്ദിയുടെയും സ്നേഹത്തിൻ്റെയും ആർദ്രമായ പദങ്ങളുടെ സഞ്ചയം ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഞാൻ കഴിഞ്ഞ രണ്ടാം ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു ഞാന് ഉള്ളിൽ നിറയെ പറഞ്ഞുകൊണ്ടിരുന്നു ഈ കൂട്ടായ്മയ്ക്ക് ഭാവിയുണ്ട് എന്ന് ദൈവത്തിന് സ്തോത്രം ഈ കൂട്ടായ്മക്ക് ഈ കൂട്ടായ്മയുടെ നായകനായ കർത്താവ് യേശുക്രിസ്തു ശോഹനമായി ഭാവി തരുന്നുണ്ട് എന്താണ് ഭാവി ആത്മാക്കളുടെ വീണ്ടെടുപ്പ് അനേകരുടെ സമാധാനം അനേക കുടുംബങ്ങളിലെ ശാന്തി പ്രശ്നങ്ങളുടെ പരിഹാരം ശാശ്വത പരിഹാരമായ നിത്യസ്വർഗം മരണശേഷമുള്ള നിത്യസൗഭാഗ്യം കർത്താവ് ഈ കൂട്ടായ്മയിൽ കൂടി അതിശയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വലിയ നാമം മഹത്വപ്പെടട്ടെ അനേകമനേകം പേര് യേസുക്രിസ്തുവിനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് രുചിച്ചുകൊണ്ടിരിക്കുകയാണ് യഹോവാ നല്ലവനെന്ന് രുചിച്ചറിവീൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ ജീവനുള്ള ദൈവത്തെ നല്ലവനായി അറിയുന്നു ജീവനുള്ള ദൈവം പ്രാർത്ഥന കേൾക്കുന്നുവെന്ന് ഗ്രഹിക്കുന്നു ജീവനുള്ള ദൈവം കണ്ണുനീര് മാനിക്കുന്നുവെന്ന് അറിയുന്നു ജീവനുള്ള ദൈവം അനുദിക്കുന്നവരുടെ അനുതാപത്തെ സ്വീകരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു സഹോദരങ്ങളെ അത് അനുഭവത്തിലാക്കിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു അങ്ങനെ സത്യാരാധന പുനഃസ്ഥാപിക്കുന്നു സത്യാരാധന ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന ആരംഭിക്കുന്നു സ്തുതിയും സ്തോത്രവും പ്രഭയും പുഴ്ച്ചയും മാഞ്ഞു നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കയറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പരിശുദ്ധവിതാക്കന്മാർ പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കുന്നതുമായ പ്രാർത്ഥനകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അനുഭവിക്കാനുള്ള സ്വർഗീയ നിധി ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നു ദൈവത്തിന്റെ വലിയനാമം മഹുത്തുപെടട്ടെ ദൈവത്തിന് സ്തോത്രം സഹോദരങ്ങളെ ഞാന് അതിയായ താല്പര്യത്തോടെ പറയട്ടെ ഇന്നും വന്നു ചേർന്ന് നിങ്ങൾ ഭാഗ്യശാലികളെ തന്നെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത മഹാഭാഗ്യമാണ് ഈ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് തരുന്നത് ഞാൻ ഓർത്തു തീർന്നു പോകുന്നല്ലോ കർത്താവേ ദിവസങ്ങൾ തീർന്നു പോകുന്നല്ലോ നമ്മുടെ കൺവെൻഷന്റെ ഈ വർഷത്തെ സമാപന ദിവസമാണ് സഹോദരീ സഹോദരങ്ങളെ നമുക്ക് ലഭിക്കുന്നതായി വിലയേറിയ സമയങ്ങൾ നമുക്ക് ലഭിക്കുന്നതായി വിലപ്പെട്ടതായ സമയങ്ങൾ നാം നഷ്ടപ്പെടുത്തി കളയരുത് നിത്യജീവൻ പ്രാപിക്കാതെ പ്രിയപ്പെട്ടവരെ ഇന്നും എന്നും നിങ്ങൾ ഇവിടം ഇട്ട് നിത്യജീവൻ പ്രാപിക്കണം നിത്യജീവൻ നമുക്ക് തരാൻ കരുണയുള്ള കർത്താവ് വാത്സല്യത്തോടെ നമ്മുടെ മധ്യത്തിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ അരിയിലൂടെ കർത്താവ് നടക്കുന്നുണ്ട് രക്തവാർച്ചക്കാരി സ്ത്രീ യേശുവിൻ്റെ തിരുവസ്ത്രത്തിന്റെ തൊങ്ങലൊന്ന് തൊട്ടു അവൾക്ക് സൗഖ്യം ലഭിച്ചു ബാധ മാറി നമ്മുടെ ഇടയിലൂടെ യേശു നടന്ന് നീങ്ങുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ ഞാൻ ആ കാഴ്ച കണ്ടുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് നമ്മുടെ ഇടയിലൂടെ തേജോമയനായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നടകൊള്ളുന്നുണ്ട് നെടുകയും കുറുകയും സഞ്ചരിക്കുന്നുണ്ട് അവിടുത്തെ തിരുവസ്ത്രം നമ്മുടെ മേൽ മുട്ടിയൊരുമിപ്പോകുന്നുണ്ട് വിശ്വാസത്തോടെ തൊട്ടാൽ അതിയായ വാഞ്ചയോടെ തൊട്ടാൽ ഇന്ന് അത്ഭുതങ്ങൾ നടക്കും ഇന്ന് അതിശയങ്ങൾ നടക്കും നന്മയ്ക്കായി ഒരു അടയാളം തരണമേയെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭക്തൻ പ്രാർത്ഥിച്ചു യഹോവ എന്നെ പകിക്കുന്നവർ വേണ്ടി ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരു അടയാളം എനിക്ക് തരണമേ എന്ന് എൺപത്തി ആറാം സങ്കീർത്തനത്തിൽ ഭക്തനായ ദാവീത് പ്രാർത്ഥിച്ചു നന്മയ്ക്കായി അടയാളം തരാൻ യേശു നടക്കുന്നുണ്ട് ഓരോരുത്തർക്കും എന്തെല്ലാമാണ് നന്മയ്ക്കായുള്ള അടയാളങ്ങൾ ഇപ്പോൾ വേണ്ടത് എന്താണ് നന്മയ്ക്കുള്ള അടയാളം ദൈവത്തിന് സ്തോത്രം നന്മയ്ക്കുള്ള അടയാളങ്ങൾ പലതും ലഭിച്ചവരോട് ഇരിക്കുന്നുണ്ട് പല അടയാളങ്ങൾ മദ്യപാനം മാറിയവരോട് ഇരിക്കുന്നുണ്ട് ചീത്ത മാറിയവരോട് ഇരിക്കുന്നുണ്ട് അഴുക്ക് ബന്ധങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ചവരോട് ഇരിക്കുന്നുണ്ട് ദൈവത്തിന് സ്തോത്രം ഇവിടെ ഇരുന്ന് വചനം കേട്ടത് തുടങ്ങിയത് മുതലേ പുതിയ തീരുമാനങ്ങൾ എടുത്തവരനേകരോട് ഇരിക്കുന്നുണ്ട് ഇനി ഞാൻ മദ്യം തൊടുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തവരോട് ഇരിക്കുന്നുണ്ട് ഇനി എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ഹൃദയപൂർവ്വം തീരുമാനമെടുത്ത യുവാക്കളോട് ഇരിക്കുന്നുണ്ട് ഇന്ന് ഇന്നു ഇരിക്കുന്നുണ്ട് ഇന്ന് രോഗം മാറിയവരോട് സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാമം ബഹുത്വപ്പെടട്ടെ മഹാവ്യാധികൾ മാറുന്നു തീരാരോഗങ്ങൾ മാറുന്നു ജീവനുള്ള ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അരികത്തുകൂടെ യേശു കടന്നു പോകുമ്പോൾ നിങ്ങൾ യേശുവിൻ്റെ വസ്ത്രത്തിന് തൊങ്കൽ തുടാൻ മറക്കരുത് നിങ്ങൾ മടിക്കരുത് നിങ്ങൾ ലജ്ജിക്കരുത് നിങ്ങൾ സമീപത്തിരിക്കുന്നത് ആരെയും നോക്കരുത് നിങ്ങൾ വിശ്വാസത്തോടെ മാത്രം ഇരിപ്പീൻ നിങ്ങൾ വിശ്വാസത്തോടെ കർത്താവോട് പറഞ്ഞുകൊണ്ടിരിക്കർത്താവ് ഇതാ ഞാൻ ഇവിടെ ഒരു പാവി ഇരിക്കുന്നുണ്ട് ഇവിടെ ഒരു ആവശ്യക്കാരൻ ഇരിക്കുന്നുണ്ട് ഇവിടെ ദുഃഖിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി ഇരിക്കുന്നുണ്ട് ഇവിടെ ഉള്ളു തകർന്നിരിക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ ഇവിടെ ഇരിക്കുന്നുണ്ട് കർത്താവെ കുടുംബസമാധാനം ഇല്ലാതെ ക്ലേശിക്കുന്ന ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ടെൻഷനേറ്റ് വലയുന്ന ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കർത്താവേ ഉള്ള് ഉരുകി തിളയ്ക്കുന്ന ഒരാൾ ഇരിക്കുന്നുണ്ട് കർത്താവേ നീ എന്നെ ഒന്ന് നോക്കണമേ എന്നോടൊന്ന് മനസ്സലിയണമേ നിന്റെ അടയാളം എനിക്ക് തരണമേ നിന്റെ കരം എൻ്റെ വെക്കണമേ നിന്റെ മുദ്ര എന്നിൽ ചാർത്തണമേ എൻ്റെ മേൽ നിന്റെ ആശ്വാസത്തിൻ്റെ അത്ഭുതക്രമ പകരണമേ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ്റെ യുവജനമേ അനുഗ്രഹത്തിന് വേണ്ടി വാഞ്ചിപ്പിയൻ ദൈവജനമേ കരുണയ്ക്ക് വേണ്ടി യാചിപ്പിയൻ ദൈവജനമേ ജീവനുള്ള ദൈവം സ്നേഹമല്ലോ അവിടുന്ന് വാത്സല്യമല്ലോ അവിടുന്ന് കരുണയല്ലോ അനുദപിക്കുമ്പോൾ അനുദാവികളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമല്ലോ ആനന്ദൈശ്വര്യം എഴുതുന്ന മാസങ്ങളും ആണ്ടുകളും തരുന്ന ദൈവമല്ലോ ആനന്ദ ഐശ്വര്യം എഴുതുന്ന മാസങ്ങളും നോക്ക് തരുന്ന ദൈവമല്ലോ ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ ദൈവത്തിന് സ്തോത്രം അറിഞ്ഞുകൊണ്ട് അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് പൈശാചികൻ്റെ പീഡകളിൽ നിന്ന് മോചനം കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് സാത്താന്റെ പ്രഹരമേറ്റ് വലഞ്ഞു പോയവര് പാവത്തിന്റെ കെടുതിയിൽ വിഷമിച്ചു പോയവര് ഇപ്പോൾ ഈ പ്രാർത്ഥനാ ഗാനം ചേർന്ന് ചൊല്ലുക ആഹ്വാനോ കാ singa urudevan rusmayal vidvam sikyugadusthanevin ardadev vaatunnyangal idoreyum saakshaatay aanandham praavichilla karthave saakshaatay aishvaryathilekkiyan etichernilla karthave എന്നാൽ ഇന്നു മുതൽ ആനന്ദവും ഐശ്വര്യവും ഉള്ള മാസങ്ങളും ആണ്ടുകളും എനിക്ക് തരണമേ എന്നാണ് നാം ഇപ്പോൾ പ്രാർത്ഥിച്ചത് ദൈവം നമുക്ക് തരട്ടെ ഞാൻ ആശംസിക്കുകയാണ് ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ മഹാഭാഗ്യം പ്രദാനം ചെയ്യട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ എൻ്റെ എളിയ മനസ്സിലൊരു ചിന്ത വരുന്നു മദ്യപാനം വിട്ടവർ അനേകരും ഇവിടെ ഇരിപ്പുണ്ട് ബഹുജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി അവര് ദയവായി അവരുടെ കരങ്ങളെ ഒന്ന് ഉയർത്തുമോ പല നാളുകളായി മദ്യപാനം വിട്ടവര് പല നാളുകളായി മദ്യപാനം വിട്ടവര് പിന്നെയും മദ്യപാനത്തിലേക്ക് പോകുക ഇല്ലായ്മ തീരുമാനമെടുത്ത് അതിൽ ഉറച്ചു നിൽക്കുന്നവര് ദയവായി അവർ എഴുന്നേറ്റു നിൽക്കുമോ കാണട്ടെ സമൂഹം കാണട്ടെ കുടുംബത്തിൽ കിട്ടിയ സ്വസ്ഥതയെല്ലാവരും അറിയട്ടെ ഭാര്യയുടെ കണ്ണീര് തോർന്നതെല്ലാവരും അറിയട്ടെ മാതാപിതാക്കളുടെ വേദനയൊന്ന് ശമിച്ചതെല്ലാവരും അറിയട്ടെ എന്റെ ദൈവത്തിന് സ്തോത്രം ഹാലലുയ്യ ഹാലുയ്യ ഹാലുയ്യ ഹാലുയ്യ ദൈവത്തിന് സ്തോത്രം ദൈവജനമേ അനുഗ്രഹത്തിന്റെ വിധാതാവ് എഴുന്നള്ളി വന്നിരിക്കുന്നു ജീവനുള്ള ദൈവത്തിന്റെ കരവിയുടെ വെച്ചിരിക്കുന്നു ഇന്ന് തീരുമാനമെടുത്തവര് ഇന്ന് തീരുമാനമെടുത്ത് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന പ്രതിജ്ഞ ചെയ്തവര് അനേകയുണ്ട് ദൈവത്തിന് സ്തോത്രം അവരെ ഇപ്പോൾ ഞാൻ എഴുന്നേൽപ്പിക്കുന്നില്ല സമയമില്ല എല്ലാവരും ദൈവമായിരിക്കൂ ദൈവത്തിന്റെ വലിയ നാമം മുഹത്തപ്പെടട്ടെ ഒന്നുകൂടി ഞാനും ചോദിച്ചു കൊള്ളട്ടെ സ്തോത്രം ഹൃദയത്തിൽ വഴക്കുണ്ടായിരുന്നവര് പുറമെ അറിഞ്ഞില്ലെങ്കിൽ ഹൃദയത്തിൽ പകയുണ്ടായിരുന്നവര് ഹൃദയത്തിൽ വൈരാഗ്യം ഉണ്ടായിരുന്നവര് ഒരുപക്ഷെ സ്വന്തം ഭാര്യയോടായിരിക്കാം അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനോടായിരിക്കാം സ്വന്തം അയൽക്കാരോടായിരിക്കാം സ്വന്തം സഹോദരങ്ങളോടായിരിക്കാം അല്ലെങ്കിൽ സ്വന്തം മരുമക്കളോടായിരിക്കാം അല്ലെങ്കിൽ അമ്മായിയമ്മയോടായിരിക്കാം ആരോടെങ്കിലും ഹൃദയത്തിൽ വഴക്കുണ്ടായിരുന്നവര് ജോലി സ്ഥലത്ത് പിണക്കമുണ്ടായിരുന്നവര് പരസ്പരം പഴി പരസ്പരം കലഹിച്ചുകൊണ്ടിരുന്നവര് പുറമേ കലഹിച്ചില്ലെങ്കിൽ ഉള്ളിൽ വൈരാഗ്യം പുലർത്തിക്കൊണ്ടിരുന്നവര് അനേക അനേകർക്ക് മാറ്റം വരു വന്നിട്ടുണ്ട് കർത്താവ് മാറ്റം വരുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ളവർ കരങ്ങളെ ഉയർത്താമോ ഹാലലു ഹാലലു ഹാലലു ഹാലലു ഹാലലു ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ളവർ ദൈവമായിട്ട് എഴുന്നേരി നിൽക്കാമോ ജനമൊന്ന് കാണട്ടെ സ്വർഗീയ രാജാവ് സന്തോഷിക്കട്ടെ തൻ്റെ പ്രിയപ്പെട്ട ജനത്തിൽ ദൈവം പ്രസാദിക്കുന്നത് ലോകമൊന്നറിയട്ടെ ദൈവത്തിന്റെ വലിയ നാമം വഹുത്വപ്പെടട്ടെ ദൈവത്തിന് സ്തോത്രം എന്റെ മാന്യ സഹോദരങ്ങളെ സ്വർഗം പ്രസാദിക്കുന്ന നിമിഷമല്ലയോ സ്വർഗം നമ്മുടെ മേലിറങ്ങി വരുന്ന സമയമല്ലയോ അത്ഭുതങ്ങൾ നടക്കുന്നില്ലയോ പാവികൾ മാനസാന്തരപ്പെടുന്നില്ലയോ പാവികൾ രൂപാന്തരപ്പെടുന്നില്ലയോ സ്വഭാവം മാറുന്നില്ലയോ സ്വഭാവശുദ്ധി കൈവരുന്നില്ലയോ വൈരാഗ്യങ്ങൾ പോകുന്നില്ലയോ വൈരാഗ്യത്തിന്റെ പിശാ ഓടി ഒളിക്കുന്നില്ലയോ ദൈവത്തിന് സ്തോത്രം കലഹത്തിന്റെ ദുരാത്മാക്കൾ മാറിപ്പോകുന്നില്ലയോ പ്രിയപ്പെട്ടവരെ പിണക്കത്തിന്റെയും പകയുടെയും വിഷത്തിന്റെയും ഭീകര ദുരാത്മാക്കൾ ഓടി അകലുന്നില്ലയോ ദൈവത്തിന് കുടുംബങ്ങളിലേക്ക് സമാധാനം ഇറങ്ങി വരുന്നില്ലയോ ജീവിതം സ്വർഗമാകുന്നില്ലയോ ഈ ഭൂമിയെ സ്വർഗം തുടങ്ങുന്നില്ലയോയ്യ ഹാലുയ്യ ഹാലുയ്യ ഹാലുയ്യ ഹാലുയ്യ ദൈവമായി എല്ലാവരും ഇരിക്കുക ദൈവത്തിന് സ്തോത്രം ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു കർത്താവേ എന്നാൽ രക്ഷിക്കപ്പെടാൻ ആർക്ക് കഴിയും ഇത്രയും പ്രയാസമാണ് അവിടെ നിന്ന് പറഞ്ഞു സമ്പത്തിൽ ആശ്രയിക്കുന്നവർ രാജ് ധനമുള്ളവർ ധനവാന്മാർ കടക്കുന്നതിനേക്കാൾ ഒട്ടക സൂയിക്കുഴ കടക്കുന്നതാണ് എളുപ്പം കർത്താവ് ഉടനെ തിരുത്തി പറഞ്ഞു മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം നമുക്ക് നോക്കാം കർത്താവ് വിശദീകരിച്ച് പറയുകയാണ് ഇരുപതാം ആക്കി മുതൽ വായിക്കാം അവൻ അവരോട് ഗുരു ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നോ എന്നാ പറഞ്ഞു യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു ഒരു കുറവ് നിനക്കുണ്ട് നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കാ പറഞ്ഞു അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തെങ്കിൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി യേശു ചുറ്റു നോക്കി തന്റെ ശിഷ്യന്മാരോട് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്ന പറഞ്ഞു അവന്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു എന്നാൽ യേശു പിന്നെയും മക്കളെ സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കിടക്കുന്നത് എത്ര പ്രയാസം ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിലൂടെ കിടക്കുന്നത് എളുപ്പം എന്ന ഉത്തരം പറഞ്ഞു അവർ ഏറ്റവും വിസ്മയിച്ചു എന്നാൽ രക്ഷപെടായിപ്പാൻ ആർക്ക് കഴിയുമെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു യേശു അവരെ നോക്കി മനുഷ്യർക്ക് തന്നെ ദൈവത്തിന് അലതാനും ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു ശിഷ്യന്മാർ അമ്പരപ്പോടെ നോക്കി ആ യൗനക്കാരൻ ദുഃഖിതനായി പോവുകയാണ് നിനക്കുള്ളതെല്ലാം മറ്റ് ദരിദ്ര കൊടുക്ക കർത്താവ് അവനോട് പറഞ്ഞ വാക്ക് അവൻ കേട്ട് ദുഃഖിതരായിപ്പോയി ശിഷ്യന്മാർക്ക് വിഷാദമായി യേശുവിന് വലിയ ദുഃഖമായി അങ്ങനെ നിൽക്കുമ്പോൾ കർത്താവ് ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു സമ്പത്തുള്ളവർ ദൈവരായത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്ന് പറഞ്ഞു ശിഷ്യന്മാർ ഒന്നുകൂടി അമ്പരന്നു അവരെങ്ങു വിസ്മയിച്ചു ഈ അവന്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു കർത്താവിന് മനസ്സിലായി പണക്കാര്യത്തിൽ കടക്കുകയില്ല എന്നായിരിക്കുമോ ഇവര് ധരിച്ചത് കർത്താവ് ഉടനെ എക്സ്പ്ലെയിൻ ചെയ്തു വിശദീകരിച്ചു മക്കളെ മക്കളെ ഇരുപത്തിയാലാം വാക്യം അവന്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു എന്ന രേശു പിന്നെയും മക്കളെ സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരായത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം ധനമുണ്ട് എന്നുള്ളത് പാപമല്ല ധനം സമ്പാദിക്കുന്നത് പാപമല്ല ധനമുണ്ടാക്കാൻ ബദ്ധപ്പെടുന്നത് പാപമല്ല അധ്വാനിക്കുന്നത് പാപമല്ല ജോലി ചെയ്യുന്നത് പാപമല്ല പ്രിയപ്പെട്ടവരെ ലോകത്ത് ആവശ്യങ്ങൾക്ക് പണം വേണം സംശയിക്കേണ്ട ഭക്ഷണത്തിന് പണം വേണം കിടപ്പാടത്തിന് പണം വേണം ഉടുതുണിക്ക് പണം വേണം വേണം പണം കൂടിയേ കഴിയൂ ദൈവത്തിന്റെ വലിയ നാമം ബഹുത്വപ്പെടട്ടെ ദൈവത്തിന് സ്തോത്രം മക്കളെ സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യാവകാശമാക്കുകയില്ല സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കിടക്കുന്നത് എത്ര പ്രയാസം പണം ഉണ്ടായെന്നുള്ളതല്ല പണത്തിൽ ആശ്രയം വരുന്നു പണമില്ലാത്തവനും പണത്തിൽ ആശ്രയം വരാം പണമില്ലാത്തവനും പണത്തിൽ ഒരു ശരണം വരാം പണം അവൻ്റെ വിഗ്രഹമായി എന്ന് വരാം പണമില്ല പക്ഷേ പണം അല്ല സമ്പത്ത് സ്വത്ത് അത് തന്നെ അവൻ്റെ മനസ്സിൽ നിൽക്കുന്നു ഈ ലോകത്തിലെ സമൃദ്ധി ഈ ലോകത്തിലെ സുഖം ഈ ലോകത്തിൽ കിട്ടിയതും കിട്ടിയതും പോരാ എന്നുള്ള ധാരാളം ധാരാളമായി നേടാനുള്ള താല്പര്യം പ്രിയപ്പെട്ടവരെ എത്ര കിട്ടിയിട്ടും മതിയാകുന്നില്ല പിന്നെയും പിന്നെയും സമാഹരിക്ക സമാഹരിക്കാനുള്ള ആഗ്രഹം ഓർക്കൂ സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരായത്തിൽ കിടക്കുന്നത് എത്ര പ്രയാസം ശിഷ്യന്മാർ ഓർത്തു ഇങ്ങനെയാണെങ്കിൽ ആർക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയും ആർക്ക് നിത്യജീവനിലെത്താൻ കഴിയും ആരെ കൊണ്ട് സാധിക്കും ഇത് നിത്യജീവൻ പ്രാപിക്കുക വളരെ പ്രയാസമാണല്ലോ പാവപ്പെട്ട ശിഷ്യന്മാര് ചോദിച്ചു എന്നാൽ രക്ഷപ്രാപിപ്പാൻ ആർക്ക് കഴിയും എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു യേശു അവരെ നോക്കി മനുഷ്യർക്ക് തന്നെ ദൈവത്തിന് അല്ലതാനും ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ദൈവത്തിന് സ്തോത്രം ഇന്ന് ഉച്ചയ്ക്ക് ജി സി എം എ ജനറൽ മാനേജരായിരുന്ന ശ്രീ എ ജി ഇവിടെ ദൈവത്തിൻ്റെ ക്രമ ചെയ്തതായി അത്ഭുതത്തെക്കുറിച്ച് പറയുകയുണ്ടായി അഭി നാളുകൾ മദ്യപാനം വിടാൻ ബന്ധപ്പെട്ടിരുന്നു കഷ്ടപ്പെട്ടിരുന്നു വേണ്ട വേണ്ട എന്ന് വെച്ചിരുന്നു സാധിക്കുന്നില്ല ചീത്ത കൂട്ടുകെട്ടുകൾ വിടണമെന്നുണ്ട് സാധിക്കുന്നില്ല നല്ല ജോലിയുണ്ട് എറണാകുളം സിറ്റിയിൽ കൂടി കറങ്ങി നടന്ന് ജോലി കഴിഞ്ഞ് കറങ്ങി നടന്ന് ബാറിലും കയറി ജീവിതം താറുമാറാക്കി സിനിമ കണ്ടും ജീവിതം സുഖിച്ചു പുളച്ചും അങ്ങനെ ഒരു യൗവനകാലം കഴിച്ചു ഇത് മാറിയില്ല എന്ന് മനസ്സിലായി സാധ്യമല്ല എന്ന് മനസ്സിലായി എന്നാൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മുമ്പിൽ വന്ന് ഒരു ദിവസം മുട്ടുമുടക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മുമ്പിൽ ഉള്ളു സമർപ്പിച്ചു ഹൃദയം ക്രിസ്തുവിനായി വിട്ടുകൊടുത്തു സ്വന്തം തീരുമാനപ്രകാരം ഞാൻ പിശാദിനി ഉപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞു ഇനി ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു ഞാൻ മിസ്സി ആദിമ്രാനിപ്പോൾ എൻ്റെ നാഥനം കർത്താവുമായി സ്വീകരിക്കുന്നുവെന്ന് സ്വന്തം നാവുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞു ദൈവത്തിൻ്റെ വലിയ നാമം ബഹുത്തപ്പെടട്ടെ പരിശുദ്ധാത്മാവ് അതിന് ആ ദൈവമായി വഴി നടത്തി സഹോദരങ്ങളെ അഭികണ്ട അത്ഭുതം എന്താണെന്നോ പിറ്റേ ദിവസം മുതൽ വാഞ്ചയില്ല മദ്യത്തോട് താല്പര്യമില്ല കൂട്ടുകെട്ടിൽ പോകണമെന്നില്ല തനിയെ അത് മാറുകയാണ് തനിയെ അത് വിട്ടുപോവുകയാണ് അവ അത്ഭുതപ്പെട്ടു ഇതെങ്ങനെയാണ് എന്നെ വിട്ടുപോയത് സഹോദരങ്ങളെ ദൈവത്തിന് അസാധ്യമല്ല ദൈവത്തിന് സകലവും സാധ്യമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആത്മാക്കളെ സമീപിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മനുഷ്യനോട് ഇടപെടുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കുറ്റബോധം നൽകുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാപബോധം നൽകുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂടി മനുഷ്യനോട് ശക്തമായി ഇടപെടുന്നു പാറപോലിരിക്കുന്ന ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് തകർക്കുന്നു എല്ലാം ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി ഇന്ന് ഉച്ചയ്ക്ക് ബൈബിൾ ക്ലാസ് കഴിഞ്ഞ് ഞാന് വിശ്രമിക്കുന്ന സമയത്ത് ദൈവത്തിന് സ്തോത്രം ഞാൻ ഇങ്ങനെ നാവുകൊണ്ട് പറഞ്ഞുപോയി ഞാൻ ഇങ്ങനെ ഉച്ചത്തിൽ തന്നെ പറഞ്ഞുപോയി കർത്താവെയല്ല കൃപയല്ലോ വിശ്വാസം കിട്ടുന്നത് കൃപ ബാധ മാറുന്നത് കൃപ സംശയങ്ങൾ മാറുന്നത് കൃപ ഒന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നത് കൃപ ഭർത്താവെ സ്നേഹം ഉള്ളിൽ വരുന്നത് കൃപ എൻ്റെ ദൈവമേ ഒന്ന് പ്രാർത്ഥിക്കാൻ തോന്നുന്നത് കൃഭ ഒന്ന് സ്തുതിക്കാൻ സാധിക്കുന്നത് കൃപ എൻ്റെ ദൈവമേ ഉള്ളിൽ നിന്ന് വൈരാഗ്യം പോകണമെന്ന് ആഗ്രഹം വരുന്നത് കൃഭ എല്ലാം കൃപയല്ലോ എല്ലാം ദാനമല്ലോ നീ തരുന്നതല്ലോ സ്നേഹിതരെ ഞാൻ അപ്പോൾ പിന്നീരുന്ന് ചിന്തിക്കുകയാണ് ഇങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത് ഭർത്താവെ മനുഷ്യനെന്താണ് ചെയ്യാൻ സാധിക്കുക അവന് സ്വന്തമായി പരിശ്രമിക്കാൻ സാധിക്കുകയില്ല അവൻ നിസ്സാര മനുഷ്യനാണ് അവൻ ബലഹീന മനുഷ്യനാണ് അവന് ബലഹീന പ്രകൃതിയാണ് എന്നാൽ അവൻ ഒന്നു മാത്രമേ സാധിക്കൂ കർത്താവേ നിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എനിക്ക് നിൻ്റെ കൃപ തരണമേ എൻ്റെ മേൽ നിൻ്റെ കൃപയുടെ കരം വെക്കണമേ എന്നോട് നീ ഒന്ന് മനസ്സലിയണമേ എന്നെ നീ ഒന്ന് സന്ദർശിക്കണമേ എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ ഇന്ന് ഈ രാത്രി വേളയിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ ക്രമയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ ർത്താവേത്തിന്റെ സൗജന്യദാനം എനിക്ക് തരണമേ എൻ്റെ ദൈവമേ എൻ്റെ യോഗ്യത കണ്ടിട്ടല്ല എൻ്റെ കഴിവ് കണ്ടിട്ടല്ല എൻ്റെ വചന നിശ്ചയം കണ്ടിട്ടല്ല കർത്താവേ എന്റെ പ്രാർത്ഥന കണ്ടിട്ടല്ല അതെല്ലാം എല്ലാം നിഷലം അതെല്ലാം പൂജ്യം എൻ്റെ ദൈവമേ എനിക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ചില സമർപ്പണങ്ങൾ വന്നത് കണ്ടിട്ടല്ല എല്ലാം പൂജ്യം ആ എനിക്കുള്ളതല്ല നിൻ്റെ കൃപയാണ് എൻ്റെ ആയുസ് നിൻ്റെ കൃപയാണ് ആരോഗ്യം നിൻ്റെ കൃപയാണ് എൻ്റെ കുടുംബം നിൻ്റെ കൃപയാണ് ദൈവത്തിൻ്റെ വചനം എനിക്ക് നീ തന്ന കൃപയാണ് ദൈവത്തിൻ്റെ വചനം തരുന്ന ദൈവമക്കളെ തന്നത് നീ നിൻ്റെ കൃപയാണ് ഈ ഒരു കൂട്ടായ്മ തന്നത് നിൻ്റെ കൃപയാണ് കർത്താവേ എല്ലാം ദാനമല്ലോ ദാഥ എല്ലാം ദാനമല്ലോ എല്ലോ ആ ക്രമ ഇന്ന് എന്നെ സന്ധിക്കണമേ എന്റെ മതി എന്റെ ശക്തി ബലഹീരതയിൽ തികഞ്ഞു വരുന്നു എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്റെ ഭക്തനോട് സ്വർഗീയ രാജാതിരാജൻ കൽപ്പിച്ചത് ഇന്ന് നിങ്ങളോട് പറയാൻ കർത്താവിത നിങ്ങളുടെ മധ്യത്തിലേക്ക് വന്നിരിക്കുന്നു അവൻ നിങ്ങളുടെ അരികിലൂടെ നടക്കുന്നു എന്റെ കൃപ നിനക്ക് മതി മകനെ മകളെ എന്റെ നിനക്ക് മതി എന്റെ ക്രമ ഞാൻ നിനക്ക് ദാനമായി തരികയാണ് എന്റെ ഫ്രീ ഗിഫ്റ്റ് ആണ് ഇന്ന് ഞാൻ നിനക്ക് തരുന്ന ഫ്രീ ഗിഫ്റ്റ് ആണ് ഇന്ന് ഞാൻ നിനക്ക് തരുന്ന സമ്മാനമാണ് എന്റെ ക്രമ നിനക്ക് മതി ആ ക്രമദിനോടുകൂടി ഉണ്ടെങ്കിൽ നീ തോൽക്കുകയില്ല നീ ജയിക്കും നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല ഒരു പാവൂ നിന്ന് തൊടുകയില്ല ഒരു പൈസ തൊടുകയില്ല ഒരു അശുദ്ധിതിനെ സ്പർശിക്കുകയില്ല ഒരു കോപവും നിന്നെ അലട്ടുകയില്ല ഒരു ബാധിക്കുകയില്ല പകൽ പറക്കുന്ന അസ്ത്രത്തെയും രാത്രി സഞ്ചരിക്കുന്ന വചനത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തെയും ഉച്ചിയിൽ കാറ്റിനെയും നീ പേ നിന്റെ കാൽ കല്ലോട് തട്ടിപ്പോ അവൻ നിന്നെ കുറിച്ച് തന്റെ മാലാഖ്മാരോട് കൽപ്പിക്കും നിന്നെ കാക്കേണ്ടതിന് ദൈവ വൈതലെ ക്രമയ്ക്ക് വേണ്ടി വാഞ്ചിപ്പീൻ പ്രാർത്ഥിപ്പീൻ ുംറങ്ങിയാൽ മാറും ഇറങ്ങിയാൽ എന്റെ ശാപങ്ങൾ മാറും എന്റെ തലമുറ വിടുവിക്കപ്പെടും തലമുറ അനുഗ്രഹീതമാകും ഭാവിശോഭനമാകും ഹാലലുഹ്യ ഈ കൃപക്ക് വേണ്ടി വാഞ്ചിക്കുന്നവർക്ക് കരങ്ങളെ ഉയർത്താം ഹാലലുഹ്യ നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾക്ക് വീസിറങ്ങണമേ കൃപ വരണമേ കൃപ ചൊരിയണമേ കൃപ വർഷിക്കണമേ കൃപയുടെ എഴുന്നള്ളി വരണമേ കൃപയുടെ ജനത്തിന്മേൽ ഇറങ്ങി വന്ന് ആവശിക്കണമേ കരങ്ങളെ താഴ്ത്തിയടുങ്ങി സ്നേഹവാനെ അൻപുള്ള പിതാവേ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ജീവനുള്ള ദൈവമേ വാഴ്ത്തപ്പെട്ട കർത്താവേ മനോഹരമായ നിമിഷങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം സ്നേഹത്തിന്റെ ദൂതനായി നന്ദിയോടെ സ്ത്രോത്രം പാപക്ഷമ തരുന്ന ക്രമയ്ക്കായി നന്ദിയോടെ സ്ത്രോത്രം ഉള്ളം കഴുകുന്ന അത്ഭുത രക്തത്തിനായി നന്ദിയോടെ സ്ത്രോത്രം ഹൃദയം ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മ വചനങ്ങൾക്കായി നന്ദിയോടെ സ്ത്രോത്രം തീനഊതി കഴിച്ച പൊന്നുപോലെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ ബന്ധപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ അധ്വാനത്തിനായി ഹലലൂയ്യ നന്ദിയോടെ സ്ത്രോത്രം എല്ലാവരെയും അനുഗ്രഹിക്കണമേ സഭഭേദം കൂടാതെ മതഭേദം കൂടാതെ സമുദായ വ്യത്യാസം കൂടാതെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ പട്ടക്കാരെ അനുഗ്രഹിക്കണമേ മേൽപ്പെട്ടക്കാരെ അനുഗ്രഹിക്കണമേ സുവിശേഷകരെ അനുഗ്രഹിക്കണമേ ശുശ്രൂഷകരെ അനുഗ്രഹിക്കണമേ നാനാദേശങ്ങൾ ഈ അനുഗ്രഹിക്കണമേ എല്ലരുടെ വർഷിക്കണമേ മഹുത്വം രാജാധിരാജന് മാത്രം എടുക്കണമേ യേശുവിൻ രാജകീയ നാമത്തിൽ തന്നെ